എന്ത് ചെയ്യാൻ പോണു നമ്മളിപ്പോ സംസ്കൃതം പഠിച്ചത് ഇതൊന്നും വേണ്ട അപ്പൊ എന്താ അടുത്ത ജന്മത്തിൽ ഇനിയും സംസ്കൃതം പഠിക്കാനായിട്ട് വരും യാതൊന്നും വേണ്ട അക്കാല ആഗ്രഹങ്ങളും അറ്റു ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ പുനരഭിജനനം ഇല്ല അല്ലെങ്കിലോ ഇനിയും പുനരഭി ജനനം പുനരഭി മരണം ഇനി ജനിച്ചു കഴിഞ്ഞാൽ മഹാവഷമാണ് ലോകം വളരെ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി കമ്പ്യൂട്ടർ അത് ഈട്ട് രാവിലെ തൊട്ട് തുടങ്ങിയ രാത്രി ഇങ്ങനെയൊക്കെ പഠിപ്പിന് ആലോചിക്കുമ്പോ തന്നെ ജനിക്കണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയാ വിഷമം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ച് നടന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലം തന്നെ വയസ്സായവരുടെ കാലം ഒന്നും പറയാനില്ല ഞങ്ങളുടെ കാലത്തിൽ തന്നെ ഈ പറയുന്നുണ്ട് ഈ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ആകെപ്പാടെ തല കൈകാര്യം കളിയൂല ഒന്നിനു സമയമില്ലാത്തൊരവസ്ഥ ഇനി പുനരവി ജനനം എന്ന് വെച്ചാ പേടിക്കണം ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജനിക്കുമ്പോ തന്നെ കുട്ടിയുടെ കയ്യിൽ ഒരു സാധനം വല്ലതും കൊടുക്കും പുനരവി മരണം ഈ ജയന്റ് ഈ ചക്രത്തില് കയറി ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കും അതിൽ കയറിയാൽ അയാൾ നിർത്തുമ്പോഴേ ഇറങ്ങാൻ പറ്റൂ സർക്കസിന് എക്സിബിഷനൊക്കെ കയറ്റുന്ന ആ ചക്രത്തില് കയറി കഴിഞ്ഞാൽ നാലു ദിവസം മുമ്പ് കഴിച്ച ആഹാരം മുതൽ കൊണ്ട് ചിലപ്പോ വയറ്റിന്ന് പുറത്തേക്ക് വരും എടുത്തിട്ട് മറിക്കും ഇറക്കി വിടാൻ പറഞ്ഞാൽ അവന് ഇറക്കി വിടില്ല നിങ്ങളല്ലേ ടിക്കറ്റ് എടുത്തത് ടിക്കറ്റിന്റെ പിരീഡ് കഴിഞ്ഞിട്ടേ ഇറക്കി ചക്രം ചുഴഞ്ഞിടുന്ന സംസാര ചക്രത്തിൽ അല്ലേ അതിൽ കയറിയിരുന്നു നമ്മളായിട്ട് മറ്റുള്ളവര് കയറി ഇരുന്ന് ചുറ്റുള്ളത് കണ്ട് രസമാണ് അതോടെ നിർത്തിക്കൊള്ളണം ടിക്കറ്റ് വാങ്ങിക്കാൻ പാടില്ല ടിക്കറ്റ് ടിക്കറ്റ് വാങ്ങിച്ച് കയറിയിരുന്നാൽ കുറച്ചു ദൂരത്തേക്കൊക്കെ സുഖമായിരിക്കും പിന്നെ അതിങ്ങനെ ആടും അത് ചുറ്റുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു ആട്ടം അറിയോ പുറമേക്കാണ് ഈ ചുറ്റല് അകമേക്കുള്ള ആട്ടം എന്താന്നൊക്കെ മനസിന്റെ ആട്ടം പുറമേക്ക് ഒരു ചുറ്റലുണ്ട് ആർക്കോ വീട്ടില് ഹാർട്ട് അറ്റാക്ക് വന്നു അപ്പൊ നമുക്ക് വരുവോ നമുക്ക് വന്നിട്ടില്ലല്ലോ പിന്നെന്തിനാ എന്നാലും വന്നാലോ ചിലരൊക്കെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വിളിക്കാതെ വണ്ണാ പോയി കിടക്കാനായിട്ട് ഇതാണ് ഇതാണ് ഉള്ളിലുള്ള ആട്ടം ഇങ്ങനെ ആടി ആടി ആടി ആടി ആ ചക്രം ചുരുന്നിട്ട് എപ്പം നിൽക്കും ജനനം പുനരപി മരണം പുനരപി ജനീജരെ ശയനം അമ്മയുടെ വയറ്റിൽ ചെന്ന് കിടക്കും ഇത് എങ്ങനെ കടക്കും എവിടെ ചാടും പുറത്തേക്ക് ഈ ചുറ്റുന്ന ചക്രത്തുനിന്ന് എവിടെ പുറത്തേക്ക് ചാടും കൃപയാ പാറേ പാഹിമുര ചുറ്റുന്നവനോട് തന്നെ നിർത്തി തരുമോ എന്ന് ഇറങ്ങിക്കോട്ടെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടത്തി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരൻ വാസനാമയമായി യന്ത്രത്തിൽ കയറ്റിയിട്ട് നമ്മളെ ചുറ്റു ചുറ്റുന്നു ചുറ്റുന്നു എങ്ങനെ രക്ഷപ്പെടും തമേവ ശരണം സർവഭാവേന ഭാരത് തത്പ്രസാദാത് പരാം ശാന്തി ശാശ്വത ഹൃദയത്തിലുള്ള ഈശ്വരനാണ് ശരണാഗതി പറഞ്ഞത് സൂക്ഷിക്കണം ഹൃദയത്തില് ചുറ്റിക്കുന്നതിന് പുറകില് സാക്ഷിയുണ്ട് ആ സാക്ഷിയുടെ മുമ്പിൽ അഹങ്കാരം അടങ്ങുന്നതാണ് ശരണാഗതി അപ്പൊ ഹൃദയത്തിൽ അടങ്ങിയാൽ ഈ ചക്രം ചുറ്റുന്നത് സംസാര ചക്രം എവിടെ ഉണ്ട് മനസ്സ് തന്നെ സംസാര ചക്രം വേറൊന്നുമില്ല മനസ്സ് തന്നെ ചക്രം ആ മനസ്സ് നിശ്ചലമായാലോ ഈ ചക്രം ചുറ്റാൽ യന്ത്രം നിശ്ചലമാവും അതിലൂടെ ഇലക്ട്രിസിറ്റി ആഗ്രഹമാണ് ആഗ്രഹമാവുന്ന ഇലക്ട്രിസിറ്റി വെച്ചുകൊണ്ടാണോ ചുറ്റണം ആഗ്രഹം നിലച്ചുവോ പ്രജാത് യഥാകാമാൻ സർവാൻ പാർത്ഥമനോ ഗതാ ആത്മജേവാത്മന തുഷ്ടപ്രത്യസ്ഥോ അപ്പോ പുനരപി ജനനം പുനരപി മരണം ഇതിന് ബഹുദുസ്താരെ കൃപയാ പാറേ പാഹ്യമുരാദെ അപ്പൊ മുരാതി തന്നെ പറയാണ് ഈ ചക്രം ചുറ്റാൻ കാരണം ദുഃഖം ഉണ്ടാവാൻ കാരണം ഇല്ലാത്തതായ ബന്ധങ്ങളൊക്കെ അംഗീകരിച്ചതാണ് ഈ ബന്ധങ്ങളൊക്കെ ഭഗവത് ഭജനം എങ്ങനെ എനിക്കിപ്പോ ഭജിക്കാൻ പറ്റും ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എത്ര ബന്ധങ്ങൾ ഇവരുടെയൊക്കെ ചുമതല എനിക്കില്ലേ നമ്മളിത് വാസ്തവമാണെന്ന് അംഗീകരിക്കുമെങ്കിൽ ചിലർ ഭഗവത്ഗീതയെ കൊട്ടേഷൻ കൊടുക്കും പാവം ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതന്നെ പറഞ്ഞു കൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഗീതയിൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്യ ഇങ്ങനൊരു വാക്ക് കൃഷ്ണൻ മനസാവാച ഉദ്ധരിച്ചിട്ടുണ്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്യാന്നാണ് കൃഷ്ണൻ ഈ ഗീത പുസ്തകം ലൈബ്രറി ഷെൽഫിൽ വെച്ചിരിക്കുന്നത് പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നിട്ടാണ് പറയുന്നത് ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ ഡ്യൂട്ടി ചെയ്യ ഭഗവാൻ അങ്ങനെ ഒരു വാക്യം ഉച്ചരിച്ചിട്ടില്ല ഗീതയിൽ ന കർത്തൃത്വം നർമാണി ലോകതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തുപ്രവർത്തക ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അർജുന തനിക്ക് ഒരു ഡ്യൂട്ടിയും ഇവിടെ ഇല്ല കാരണം എന്താ തനിക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള ഡ്യൂവർഷിപ്പ് തന്നെ ഇല്ല കർത്തൃത്വമേ ഇല്ല എന്നിട്ട് വേണ്ടേ ഡ്യൂട്ടി കർത്തൃത്വവും ഇല്ല കർമ്മവുമില്ല കർമ്മത്തിനും ഫലത്തിനുമുള്ള സംയോഗവുമില്ല പിന്നെ എന്തുകൊണ്ട് ഈ പ്രവൃത്തി നടക്കുന്നു അജ്ഞാനം കൊണ്ട് നടക്കുന്നു പാപം പുണ്യോ അജ്ഞാനം കൊണ്ട് പാപം പുണ്യോ ഒക്കെ ന ആദത്തെ കസിത് പാപം നശൈവ സുഹൃതം ലിപു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിട്ട് ഈ സംസാരത്തിന്റെ ഭയങ്കരമായ ചുമട് തൂക്കുന്ന കവിതകളായിട്ട് തീരണമെന്നാണ് ജന്തു എന്നുള്ളതാക്കാണ് മെഗാനുദ് തേന മുഹ്യന്തി ജന്തവ അത് ഈ ചുമട എപ്പ ഇറക്കി വെക്കാം ജ്ഞാനേനതു ത്ഞാനം ഏഷാം നാശിതം ആത്മന ജ്ഞാനം ആത്മവിദ്യയെ കേട്ടിട്ട് ആത്മാവ് കർത്താവോ ഭോക്താവോ അല്ല എന്ന് അറിഞ്ഞ് ഇറക്കി വെച്ചാൽ ഈ ക്ഷണം സ്വതന്ത്രനാവും ഡ്യൂട്ടി ചെയ്യണം ഡ്യൂട്ടി ചെയ്യണം ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ ആലോചിച്ചു നോക്ക ഒരാള് മകളുടെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കൊറേ കാലം ഓടി നടന്നു ഒരുപാട് കാലം കഴിഞ്ഞ് ഏർപ്പാടായി എല്ലാം ചെയ്തു അവസാനം കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് ഹാർട്ട് അറ്റാക്ക് മരിച്ചുപോയി ആര് ഡ്യൂട്ടി ചെയ്യും ഡ്യൂട്ടി ചെയ്യാൻ നമുക്ക് യമൻ എഴുതി തന്നിട്ടണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ ഇനി എന്താ നടക്കും ഭഗവാൻ എന്തോ പ്രവർത്തി ചെയ്യിപ്പിക്കണോ നമ്മൾ ചെയ്ത് വെറും യന്ത്രം അത്രേ അവൻ ചലിപ്പിച്ചാ ചലിക്കാം അല്ലാതെ ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈശസ് ഹി വശേലോക യോഷാ ദാരുമയ്യഥ ഭഗവാൻ കളിപ്പിക്കുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ് ആ കളിപ്പാട്ടങ്ങൾ അവൻ ചലിപ്പിച്ചാ ചലിക്കും അവൻ നിർത്തിയാക്കും അവൻ സ്ക്രൂ ഓടിച്ചാ ഓടും രണ്ടം രണ്ടം രണ്ടം ശബ്ദമൊക്കെ ഉണ്ടാക്കി കണ്ടാ അതാണ് ഈ ബഹളം കൂട്ടണമെന്ന് തോന്നും സ്ക്രൂ ആ പിരീഡ് കഴിഞ്ഞാൽ അവൻ ചലിപ്പിക്കുന്ന രീതിയിൽ ചലിപ്പിക്കണോ അവൻ ആടാൻ വയ്ക്കുന്ന രീതിയിൽ ആടിക്കൊണ്ടിരിക്കുന്നു അവൻ നിർത്തിച്ചാലോ നിൽക്കും ഇപ്പൊ ഇവിടെ എന്ത് ഡ്യൂട്ടി ആരുടെ കർത്തവ്യം ആർക്ക് കർമ്മം അപ്പൊ അജ്ഞാനം കൊണ്ട് ഇവിടെ അനേക ബന്ധങ്ങൾ മാത്രമല്ല ഈ ഭാര്യ ഭർത്താവ് അത് ഇവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണു ആര് കണ്ടു കാത്തേ കാന്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര കശ്യം കുട്ടം ചിന്തയ തതിഹ ഭ്രാതഹ ഭജഗോവിന്ദം ആചാര്യഭാഗർക്ക് പ്രിയം കരുണ കരുണ കൊണ്ട് ഭ്രാത എന്ന് വിളിക്കുന്നു ഏ സഹോദര ആ പരമാംശ സന്യാസി നമ്മളെയൊക്കെ സഹോദര എന്ന് വിളിക്കണം എന്തുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ തത്വം ചിന്തയ തതിഹഭ്രാത അല്പമൊന്ന് ചിന്തിച്ചു നോക്കൂ നിശ്യം പ്രവർത്തിക്കുന്നില്ല എണ്ണയിടാതെ അത് പൊടിയൊക്കെ പിടിച്ചിട്ട് അത് അനങ്ങണില്ല തത്വം ചിന്തയ സഹോദര ഈ തത്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ കാതേ കാന്ത ഭാര്യ ഭാര്യ എപ്പോ കുറച്ചു കാലം മുമ്പ് ഭാര്യ അവിടെ അറിയേയില്ല ഭർത്താവ് അവിടെ അറിയേയില്ല ആര് ഭർത്താവ് ആര് ഭാര്യ ഒരു കുട്ടി ജനിച്ചാൽ അതിന് ആര് ഭർത്താവ് ആവാൻ പോണു ഭാര്യ ആവാൻ പോണു ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ അതിനൊരു യന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരു ജ്യോതിഷിക്കും പറയാൻ പറ്റില്ല എല്ലാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല സുനാമി വരുന്നു ഞാൻ മുമ്പേ പ്രഡിക്ട് ചെയ്തു കഴിഞ്ഞിട്ട് എന്തും പറയാം ആർക്കും മുൻകൂട്ടി ഒന്നും പറയാൻ വയ്യ കാരണം എന്താ ശാശ്വതമായി ഇവിടെ ഒരു ബന്ധുവും നമുക്ക് ഉറപ്പായിട്ട് കാണാവുന്ന രീതിയിൽ ഇല്ലേ കസ്തേ പുത്ര ആരാ കുറച്ചു കാലം ഒന്നും ഇല്ല അതാണ് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞത് വലിയ ഇന്ദ്രകാലം എന്താ ഉള്ളതെന്ന് ഊണിലേച്ച അന്നത്തിൽ നിന്നുണ്ടായ ശുക്രശോണിതങ്ങളില് ഗർഭത്തിൽ പ്രവേശിച്ച ഒരു ബീജം അതിന് കയ്യും കാലും തലയും ഒക്കെ വന്ന് പുറത്തു വന്ന് എന്തൊക്കെ കാണിക്കുന്നു പത്ത് മാസം മുമ്പ് ഉണ്ടായിരുന്നില്ല ഇതാ പുറത്തു വന്നു കുറച്ചു കഴിഞ്ഞാൽ കൊമ്പം മീശ കടിച്ച ശരീരം അച്ഛനേക്കാളും വലിയ ആളായി വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയണു എവിടുന്നു വന്നു കുറച്ചു കഴിഞ്ഞപ്പോഴോ നാടകം കൂട്ടി ബഹളം കൂട്ടി അവസാനിച്ചു ഒക്കെ കൂട്ടിയിട്ട് പോയി എവിടെ കാണാനില്ല ആള് വന്നു പോയി അപ്പൊ എവിടുന്ന് വന്നു അറിയില്ല എങ്ങോട്ട് പോയി അറിയില്ല അവ്യക്താത് വ്യക്തയ സർവാഹ പ്രഭവന്തി അവ്യക്താദീരിഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാനിയേവ തത്രക്കാ പരിവേദന ഭഗവാൻ ചോദിക്കുകയാണ് അർജുന കുറച്ചു ദിവസം മുമ്പ് അവ്യക്തം കുറച്ചു കഴിഞ്ഞാ അവ്യക്തം അധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് അത്രയേ ഉള്ളൂ ഈ പുറമേക്കുള്ള നാടകം ബഹളം ഉള്ളൂ അപ്പോ കാ പുത്ര ആര് തന്റെ പുത്രൻ ആര് തന്റെ കാന്ത ഈ പുത്രൻ എവിടെ വന്നു കസ്യത്വം നീ ആരുടെയാണ് ഞാൻ ഇന്ന ആളുടെയാണ് പുത്രൻ അച്ഛൻ അമ്മ ഒക്കെ നമ്മൾ പറയും അഡ്രസ്സൊക്കെ ഇതൊക്കെ എത്ര കാലം ഭാഗവതത്തിലെ ചിത്രകേതു എന്ന രാജാവ് കുട്ടികളെ ഇല്ല കുട്ടികളെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്കിരസ് മഹർഷി മുമ്പിൽ വന്നു അങ്കിരസിനോട് എനിക്ക് പുത്രൻ ഉണ്ടാവണം അങ്കി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്കിരസ് ഈ ചിത്രകേതുവിനെ തത്വോപദേശം ചെയ്യാനായിട്ടാണ് വന്നത് പക്ഷെ ചിത്രകേതുവിന്റെ മനസ്സിൽ മുഴുവൻ കുട്ടിയുണ്ടായില്ല എന്നുള്ള വിഷമം അപ്പൊ അത്രയധികം ആഗ്രഹമുള്ള സ്ഥിതിക്ക് അവിടെ ആത്മതത്വം ഉപദേശിച്ചതൊന്നും ഫലിക്കില്ല അപ്പോ ഒരു ഹോമം ഒക്കെ ചെയ്തിട്ട് കൃതദ് എന്ന് പറയുന്ന രാജ്ഞി ആ രാജ്ഞിക്ക് ഹവീസ് കൊടുത്തു ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞു ജനിച്ചപ്പോ ഒരേ സന്തോഷം ആനന്ദം രാജാവിന് ഉണ്ടായി സന്തോഷിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോണ്ടായി മറ്റു രാജ്യമാർക്കൊക്കെ അസൂയം മൂത്തിട്ട് കുട്ടിക്ക് വിഷം കൊടുത്തു കൊന്നു അപ്പൊ എന്താ ഉണ്ടായതിൽ സന്തോഷിച്ചു അങ്കിരസ് എന്നെ പറഞ്ഞു ഈ പുത്രൻ അങ്ങക്ക് സന്തോഷവും തരും ദുഃഖവും തരും ഹർഷശോക്രതം എന്താ അങ്ങനെ ആശീർവാദം എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് ആ കുഞ്ഞു മാത്രമല്ല എന്തൊക്കെ സുഖിപ്പിക്കുന്നു അതൊക്കെ ദുഃഖിപ്പിക്കും എല്ലാ വസ്തുക്കളുടെയും സ്വഭാവമാണ് ഈ രസം അവിടെ പറഞ്ഞത് ഒരു കുട്ടി ജനിച്ച സന്തോഷമോ അടുത്ത ദിവസം ജലദോഷം പിടിച്ച ടെൻഷൻ കുട്ടിക്ക് പനി വന്ന ടെൻഷൻ വിഷമം അതിന് മുമ്പ് സന്തോഷമായി നടന്നിരുന്ന ആളിപ്പെന്താ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുണ്ടായപ്പോ സന്തോഷം അത് കഴിഞ്ഞ സന്താപം ഇങ്ങനെ പോകും പരമ്പര ദുഃഖ പരമ്പര ശോകാനു ശോകോഹി പരമ്പരായമായണത്തിൽ രാമൻ രാമചന്ദ്രൻ തന്നെ പറഞ്ഞു പരമ്പരയായിട്ട് ശോകം എന്നാണ് ഒന്നിനു പിന്നാലെ ഒന്ന് ഈ ക്യൂ വരാട്ടി മരിച്ചു കരഞ്ഞു കരഞ്ഞപ്പങ്കിരസ് പിന്നെയും വന്നു എന്തിനാ കരയണം കുട്ടി മരിച്ചു ആ ഇത് മന ഇതൊന്നും മനസ്സിലാക്കിക്കൊള്ളുക കുട്ടിയല്ല സകലതും മരിക്കും രാജാവേ ഏവം ദാറ गृहारा विवधसपय शब्दादयस्य छलाज्यभूत महीी राज्य मही बलम कोश भृत्या मत्या सुगुर्जना शूरसेने में शोक मोह भय आर्ति गंधर्वनगर प्रख्या मया मनोरथा दृश्यम विनाथ न दृश्य ഇതൊക്കെ ഒരു പൊരുളില്ലാതെ കാണുന്ന വസ്തുക്കളാണ് സ്വപ്നത്തിൽ എന്ന പോലെ രാജാവെ ഈ രാജ്യം ബലം സമ്പത്ത് അങ്ങേത് ട്രഷറി മക്കള് പേരക്കുട്ടികൾ റാണിമാർ ഇതൊക്കെ ഉണ്ടല്ലോ ഗന്ധർവ നഗരം പോലെയെന്നാണ് ഗന്ധർവ നഗരം എന്താ ഒരു മാജിക്കുകാരൻ വന്നിങ്ങനെ അടി കാണിച്ചാൽ എന്തൊക്കെയോ കാണും കുറച്ചു നേരം കഴിഞ്ഞാലും ഒക്കെ പറഞ്ഞു പോവും ഇന്ദ്രജാല പ്രകടനം ഗന്ധർവനകരപ്രഖ്യാഹ സ്വപ്നമായ മനോരഥ സ്വപ്നം പോലെ മനോരഥം പോലെ അതുകൊണ്ട് രാജാവ് ദ്വൈതത്തിലുള്ള വിശ്വാസം വിടുകയാണ് എങ്കിലും ഉപദേശിക്കുന്നത് ദ്വൈതേ ധ്രുവാർത്ഥ വിശ്രംഭം ചേച്ച ഉപശമമാവിശ് ഈ ദ്വൈതപ്രപഞ്ചം ഉണ്മയാണെന്ന് അങ്ങ് കരുതുകയാണെങ്കിൽ അങ്ങനെ ഉപശമം ഉണ്ടാവുകയില്ല ശാന്തി ഉണ്ടാവില്ല ദ്വൈതേ ധ്രുവാർത്ഥ വിശ്രംഭം ഈ ദ്വൈതം ഉണ്ണയാണെന്നും നിത്യമാണെന്നും സുഖിപ്പിക്കുമെന്നും വാസ്തവത്തിൽ ഉള്ളതാണെന്നും കരുതുകയാണെങ്കിൽ അങ്ങേക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് വിട്ടിട്ട് ഉപശമ ശാന്തിയിലേക്ക് വരൂ ഒന്നുകൂടെ ഉറപ്പിക്കാനായി മരിച്ചുപോയ കുട്ടിയെ ഒന്ന് വിളിച്ചു കുഞ്ഞേത് അച്ഛൻ അമ്മയൊക്കെ കരയുന്നു വരൂ ശരീരത്തിൽ പ്രവേശിക്കൂ ആ കുട്ടി പറഞ്ഞു ഏത് അച്ഛൻ ഏതമ്മ ഞാൻ എത്രയോ ജന്മത്തിൽ ആർക്കൊക്കെയോ മക്കളായിരുന്നു ആരുടെയൊക്കെയോ അമ്മയും അച്ഛനും ആയിരുന്നു ഓരോ ജന്മത്തിൽ ഓരോ അച്ഛനും ഓരോ അമ്മ എന്തൊക്കെയോ ആയിരുന്നു അതുകൊണ്ട് ഇനി എന്നെ സംസാരത്തിൽ വിളിക്കണ്ട എനിക്ക് ആരോടും ശാശ്വത ബന്ധമല്ല ഇതുകൂടെ കേട്ടപ്പോ അറിവോ നൂടെ ബലമായി ആചാര അപ്പൊ ഇവിടെ ഒരാൾക്കും ഒരു ബന്ധമൊന്നും ഇല്ല പക്ഷെ ബന്ധമുള്ള പോലെ തോന്നി അല്ലേ അപ്പൊ ഈ ബന്ധം വാസ്തവാണോ ഇന്നലെ വരെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരാള് തലവട്ടം കണ്ടിട്ടുള്ള ആള് അയാളെ വിവാഹം കഴിച്ച ഉടനെ അടുത്ത ദിവസം മുതൽ ബന്ധം വന്നു തലേ ദിവസം വരെ ആ ബന്ധമില്ല എന്താ വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു ബന്ധം അംഗീകരിച്ചതുകൊണ്ട് ഭാവത്തിൽ വന്നു എല്ലാം ഭാവത്തിൽ മാറ്റം വരും ഒരേയും വീട്ടില് നാൽപ്പതമ്പത് വർഷം വാടകയ്ക്ക് ഇരിക്കുമ്പോഴും അത് ഇരിഞ്ഞു വീഴും അത് എന്തൊക്കെയായാലും ശ്രദ്ധിക്കില്ല വർഷത്തിന് ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ വർഷം ജാനുവരി മാസം ഒന്നാം തീയതി എന്തോന്ന് ഒപ്പിട്ട് കൊടുത്ത് കടലാസ് അങ്കടങ്ങളിൽ കൈമാറിയപ്പോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇത്തിരി ചുണ്ണാമ്പ് പോയാ വിഷമം ആരെങ്കിലുമൊക്കെ വീട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം തലേ ദിവസം വരെ യാതൊന്നുമില്ല ഇപ്പൊ എന്ത് പുതിയതായിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല തലേ ദിവസം വരെ എന്റെ അല്ലാണ്ട് ധരിച്ചു ഇന്ന് ഇപ്പൊ എന്റെ ആണെന്ന് ധരിച്ചു അത്രയേ ഉള്ളൂ എന്റെ ആണെന്ന് ധരിച്ച എന്റെ അല്ല എന്ന് ധരിച്ചോണ് ഒന്നും പ്രശ്നമല്ല എന്തൊക്കെ അയാൾ എന്താ യാതൊരു പ്രശ്നമില്ല മധുരയില് നമ്മള് പ്രഭാഷണം നടത്തുമ്പോഴാണ് സുനാമി വന്നത് അപ്പൊ ആരോ വന്ന് പറഞ്ഞിവിടെ വെള്ളം സമുദ്ര വെള്ളപ്പൊക്കവുമായിട്ട് ഭൂമി കുലുക്കവും ഉണ്ടായി അപ്പോഴേക്കും ഒരു അമ്മ അവിടുന്ന് എവിടെയാ മദ്രാസിനാണ് സ്ഥലമില്ലേ അവിടെ തന്നെ മധുരയിലാണോ വിചാരിച്ചു ഞാൻ മദ്രാസിലോ അവിടെ എവിടെ ആയോ എനിക്കെന്ത് ബന്ധം എനിക്കും അപ്പോഴാണോ കുഴപ്പം അപ്പോഴാണോ കുഴപ്പം അല്ലെങ്കിൽ ഒരു കുഴപ്പമല്ലേ അപ്പോ കാതേ കാന്ത കസ്തേ പുത്രോയതീവ വി നീ എവിടുന്ന് വന്നു എവിടുന്ന് ജനിച്ചു മൂലമേത എങ്ങോട്ട് പോകുന്നു എന്താ ഈ ജീവിതത്തിന് അർത്ഥം തത്വം ചിന്തയെ തതിഹഭ്രാതഹ ഹേ സഹോദര അല്പം നീ ചിന്തിച്ചു നോക്കാ എവിടുന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്താണ് ഈ ജീവിതത്തിന്റെ ഉദ്ദേശം ഈ ജീവിക്കണതിന്റെ പ്രയോജനം എന്ത് അല്പം ഒന്ന് തത്വം ചിന്തയെ തതിഹാത തത്വോപിചാരം ചെയ്യണം തത്വോപിചാരം ചെയ്താൽ എന്തു പ്രയോജനം യാതെ തത്വേ സംസാരം എവിടെ എന്ന് വെച്ചാൽ സംസാരമൊക്കെ പോയി സകല ദുഃഖങ്ങളും പോയി പുനരപി ജനനം പുനരപി മരണമൊക്കെ അശ്രമിച്ചു തത്വം അറിഞ്ഞാൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു തത്വം അറിഞ്ഞ ഉടനെ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു ഒരു പ്രശ്നവും ഇവിടെ പരിഹരിക്കാനില്ല സ്വപ്നം അനാദിമായ ആ സുപ്തോയിത് ആ ജീവ പ്രബുദ്ധത അജമനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധിതേ തഥ അനാദികാലമായിട്ട് ഉറങ്ങി സ്വപ്നം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം അസ്തമിച്ച് എണീച്ച ഉടനെ സ്വപ്നത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അസ്തമിച്ച് സ്വതന്ത്രനായിരുന്നു തത്വജ്ഞാനം ഉണ്ടാവുമ്പോ ആ ക്ഷണം തന്നെ ഈ ജീവനെ സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നു കാരണം തത്വജ്ഞാനം കൊണ്ട് എന്തുണ്ടാവുന്നു ശരീരം ഞാനല്ല എന്നറിയുന്നത് കൊണ്ട് ശരീരത്തിന്റെ വിഷമങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നില്ല എന്നുവെച്ചാൽ ശരീരത്തിന്റെ വിഷമങ്ങള് നമുക്ക് മമത ഉണ്ടാക്കുന്നില്ല മനസ്സ് ഞാനല്ല എന്നറിയുന്നത് കൊണ്ട് മനസ്സ് പതുക്കെ പതുക്കെ കെട്ടടങ്ങുന്നു സകല അവസ്ഥകൾക്കും മൂലമായിട്ടുള്ള അഹങ്കാരവും അടങ്ങുന്നു അപ്പൊ എന്താ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ ആത്മാവ് ആദിത്യവത് പ്രകാശയത്തി ആദിത്യനെ പോലെ ഉജ്ജ്വലമായിട്ട് ജ്വലിക്കും അതാണ് ഞാൻ ആ വസ്തുവാണ് ഞാൻ എന്നുള്ള അനുഭവം സർവദുഃഖങ്ങളെയും ഇല്ലാതാക്കി സ്വാതന്ത്ര്യത്തിനെ തരുന്നു അതുകൊണ്ട് തത്വം ചിന്തയ തതിഹഭാത ഹേ സഹോദര തത്വവിചാരം ചെയ്യൂ അതിനായിട്ട് സത്സംഗത്വേ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചല തത്വം നിശ്ചലതത്വേ ജീവൻമുക്തി ഇതിനാണ് നീ വന്നിരിക്കുന്നത് ഈ ജീവൻമുക്തി നേടാനാണ് മുക്തി നമ്മളുടെ സ്വഭാവമാണ് ആ മുക്തി നേടിയെടുക്കാനാണ് ഈ ശരീരം ഇവിടെ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തത്വോപിചാരം ചെയ്യും തത്വോപിചാരം ചെയ്തിട്ടില്ലെങ്കിൽ അനേക അഭിമാനങ്ങൾക്ക് നമുക്ക് കാരണമാവും ുരു ധന യൗവനഗർം ഹരതി നിമേഷം മായാമയം അഖിലം ഹി ത് ബ്രഹ്മപദം ത് പ്രവിശ വിദോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭൂഢമത്തെ മാരു ധനധന യൗവനഗർം പണമുണ്ട് എന്നുള്ള ഗർവം വേണ്ടതാണ് എത്ര ദിവസം നിൽക്കും അറിയില്ല മാഗുരു ധന ജന യൗവന ഗർഭം പുറകെ ധാരാളം ജനങ്ങൾ എനിക്കും കൈ തട്ടിയാൽ വരും എത്ര നേരം വരും അവര് മോക്ഷം ഭാഗവതത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ആനയ്ക്ക് ആൾബലം തന്റെബലം രണ്ടും മുതലെ വന്ന് പിടിച്ചപ്പോ പ്രയോജനപ്പെട്ടത് ഉണ്ടായിരുന്ന ആനകളൊക്കെ വിട്ടു ും പ്രയോജനപ്പെടാതായപ്പോ യശനേഷോ ഏതോ ഒരു ശക്തി എന്നെ രക്ഷിക്കണം അതെ ആരും രക്ഷിക്കാം എന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നവരുടെ ബലവും പ്രയോജനപ്പെട്ടില്ല അപ്പൊ മാ കുരു ധന ജന യൗവനഗർവം യൗവനഗർവം എത്ര കാലത്തേക്ക് നിൽക്കും സൗന്ദര്യം അല്ലേ യൗവനത്തിന്റെ ഒക്കെ സൗന്ദര്യം എത്ര നേരത്തേക്ക് നിൽക്കും ഹരതിനിമേഷാത്കാല സർവം കാലം നിമിഷങ്ങൾക്കകം ഇതൊക്കെ കൊണ്ടുപോകും നിമിഷങ്ങൾക്കകം ഇതൊക്കെ കൊണ്ടുപോകും യൗവനം പോയിപ്പോകും ബലം പോയിപ്പോകും പണം പോയിപ്പോകും സ്ഥാനമാനങ്ങളൊക്കെ പോയിപ്പോകും അതുകൊണ്ട് മായാമയമിതമഖിലം ഹിത്വ മായയുടെ സ്വഭാവം തന്നെ ഈ പോകലാണ് ഇപ്പൊ അടുത്ത ക്ഷണം ഉണ്ടാവില്ലേ അതാണ് മായ മായാമയമിതമഖിലം ഹിത്വ ഈ മാറുന്നതായ മായയെ വിട്ടിട്ട് മാറാത്തതായ ബ്രഹ്മത്തിന് അറിയൂ ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിക്കും ബ്രഹ്മപദത്തിനെ എവിടെ പ്രവേശിക്കും പ്രവേശിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പരീക്ഷിത്തും പറയുന്നു പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വ ശുഭബ്രഹ്മ മഹർഷിയോട് പറയുന്നു അവിടുന്ന് എനിക്ക് ബ്രഹ്മനിർവാണ പദത്തിനെ കാണിച്ചു തന്നു ഞാനിതാ പ്രവേശിച്ചിരിക്കുന്നു എവിടെയാ കാണിച്ചു കൊടുത്തത് അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിച്ചു ആ ബ്രഹ്മപദം എവിടെ ഉണ്ട് എവിടെയോ കൈലാസത്തിലോ വൈകുന്ധത്തിലോ ആണെങ്കിൽ നമുക്ക് പോകാൻ കൂട്ടും അറിയില്ല പോകാനൊക്കെ പറ്റുക ഇവിടെ ഇപ്പോ തന്നെ സിദ്ധമാണ് ബ്രഹ്മപദം അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം നമ്മളുടെ ഉള്ളില് അഹം അഹം എന്ന് യാദവും അതിന്റെ തന്നെ ഉണ്മയായ സ്വരൂപം അറിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത് തന്നെ ബ്രഹ്മപഥത്തിലാണ് ബ്രഹ്മപഥമാണ് നമുക്ക് സിദ്ധമായിട്ടുള്ളത് ബ്രഹ്മപഥത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ബ്രഹ്മപഥത്തിലാണ് ശരീരവും പ്രപഞ്ചവും ഒക്കെ തോന്നുന്നത് അപ്പോ ബ്രഹ്മപഥത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്താ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഉള്ള എന്റെ തന്നെ സ്വരൂപത്തിലേക്ക് പ്രവേശിക്കണം അതിൽ പ്രവേശിച്ച് മനസ്സ് ഇല്ലാതായിത്തീരുന്നു അതാണ് പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ആ ബ്രഹ്മനിർവ്വാണ പദത്തിലേക്ക് പ്രവേശിച്ച മനസ്സ് ജീവഭാവന അസ്തമിച്ചുപോയി ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇവിടെ യാതൊന്നും ഭയമില്ലാത്ത സ്ഥിതി അതോടുകൂടെ ശരീരത്തിനെ വിട്ടു പരീക്ഷിട്ട് പാമ്പി ശരീരത്തിനെ കടിച്ചില്ലേ കടിച്ചു കർഷകൻ ദംസിച്ചു സുഖബ്രഹ്മമാർഷികരെ രക്ഷിക്കായിരുന്നില്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ഗർഭത്തിൽ വന്ന് ജുഗോപ അല്ലെ ആ ഭഗവാന് രക്ഷിക്കായിരുന്നില്ലേ ഇപ്പോ പാമ്പ് കടിക്കാതെ ആക്കായിരുന്നില്ലേ രക്ഷിച്ചില്ലല്ലോ അപ്പൊ ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചത് ആരംഭഘട്ടം അത് എന്തിനാ ആ ശരീരം നിക്കട്ടെ കുറച്ചു കാലം കൂടെ നിന്ന് തത്വജ്ഞാനവും ഉണ്ടാവട്ടെ എന്നിട്ട് ശരീരത്തിനെ ദൂരെ കളയട്ടെ അപ്പൊ രക്ഷിക്കൽ അതാണ് ഗർഭത്തിൽ രക്ഷിക്കലല്ല നമ്മുടെ മഹർഷി തന്റെ അമ്മ ആദ്യം ഒരിക്കലെ വന്നപ്പോ അമ്മയ്ക്ക് സൂക്കട് പിടിച്ചു മരിക്കുന്ന മാതിരി ആയപ്പോ എട്ട് ശ്ലോകങ്ങൾ അരുണാചലേശ്വരനെ സ്തുതിച്ചു ഒരു ശ്ലോകത്തിൽ മാത്രമേ അതല്ല പ്രാർത്ഥിക്കുന്നുള്ളൂ അമ്മയുടെ വ്യാധി മാറ്റണം എന്ന് ബാക്കിയുള്ള ശ്ലോകത്തിലൊക്കെ പറയുന്നു അറിയേണ്ടത് കഴിഞ്ഞാൽ ഹേ അരുണാചല ഈ ശരീരം ഉപേക്ഷിക്കപ്പെട്ടാലും മരണമില്ലല്ലോ അമ്മയ്ക്ക് ആ സ്ഥിതി അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിച്ചു അത് അമ്മയുടെ ശരീരം മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നീട് അമ്മയെ പതുക്കെ പതുക്കെ പതുക്കെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോയി ജ്ഞാനസ്ഥിതിയിൽ ഇരുത്തിയ ശേഷം അമ്മയുടെ മരണത്തിന് താൻ സഹായിച്ചു കൂടെയുന്നു അപ്പോ മരണത്തിനെ ഇല്ലാതാക്കലല്ല അനുഗ്രഹം ശരീരത്തിന്റെ മരണത്തിനെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല ശരീരം മരിക്കും അതതിന്റെ സ്വഭാവമാണ് അത് പ്രകൃതിയാണ് പിന്നെ എന്താ അമൃതത്വത്തിനെ നമ്മളുടെ ഉള്ളിൽ കാണിച്ചു അമൃതത്വത്തിനെ നമ്മളുടെ സ്വരൂപത്തിൽ കാണിച്ചു െ അമൃതമാണ് ആനന്ദരൂപം അമൃതം യത് വിഭാതി നമ്മളുടെ സ്വരൂപം ആനന്ദമായിട്ട് അമൃതാനുഭവമായിട്ട് വിശേഷേണ ഭാതി പ്രകാശിക്കണമെന്നാണ് ഇപ്പൊ തന്നെ ഉള്ളത് പ്രകാശിക്കും ഉള്ള വസ്തു ജ്വലിക്കും ആനന്ദരൂപം അമൃതം യത് ത്മാവിനെ അറിയണം പ്രപഞ്ചം മുഴുവൻ ഈ ആത്മാവിൽ കൽപ്പിച്ചമാണ് അഗ്നിമൂർ ചുഷി ചന്ദ്രസൂര്യ വിശശസ്രോത്രേ വാഗ്വിവൃദാശ്രേദാണോ ഹൃദയം വിശ്വമസ്യഭ്യം പൃഥ്വീർത്തരാത്മാ നമ്മൾ അന്തരാത്മാവിൽ പ്രപഞ്ചം മുഴുവൻ കൽപ്പിച്ച അപ്പൊ അന്തരാത്മാവിൽ ശ്രദ്ധിക്കണം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ പരമപദം അതാണ് തത്വം ചിന്തയ തതിഹ ഭ്രാത തത്വം ചിന്തയൻ ഏതൊരു വസ്തുവിനെ അന്വേഷിക്കുന്നു അത് ത്വം നീ തന്നെ തത്വമു ചിന്തിക്കും ആ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള അനുഭവത്തിനെ എന്തെന്ന് ആരാഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയാൽ അറിയാനിവിടെ യാതൊന്നുമില്ല അതാണ് ബ്രഹ്മപദം ത്വം പ്രവിശ്യ വിധിത്വ ബ്രഹ്മപഥത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കും വിധിത്വ പ്രവിശ്യം അറിഞ്ഞു പ്രവേശിച്ചു അറിഞ്ഞാൽ പ്രവേശിച്ചു അറിയുന്നത് എങ്ങനെ ഇതാണ് അത് എന്ന് അറിയണം ഇവിടെ ഉള്ള വസ്തു ഏറ്റവും അടുത്തുള്ള വസ്തുവാണ് അതെന്ന് അറിയണം അറിയാത്തതുകൊണ്ട് എത്രയോ ജന്മങ്ങളായി നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തുവിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കണം ലഭിച്ചിട്ടുള്ള പൊരുൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കണം എത്രയോ ജന്മങ്ങളായി സിദ്ധമാണ് പക്ഷേ ഉപയോഗത്തിന് കിട്ടുന്നില്ല അപ്പൊ കിട്ടിയിട്ടുള്ള വസ്തുവിനെ ശ്രദ്ധ കൊണ്ട് സ്വന്തമാക്കണം കിട്ടിയിട്ടുള്ള വസ്തുവിനെ ശ്രദ്ധ കൊണ്ട് സ്വന്തമാക്കണം ബ്രഹ്മപദം ത്വം പ്രവിശ വിജിത്വ എന്ന് പറഞ്ഞു അല്ലെങ്കിലോ കാലങ്ങൾ മാറി മാറിപ്പോവും സുഖദുഃഖങ്ങൾ വരും അല്ലെ ദിനയാവിന്യവും സായം പ്രാതഹ ശിശിരവസന്താ ീടതി ഗതി ആയുഹൂ തരപിനഞ്ചതി ആശാ വായുഹൂ ഈ ആശ എന്ന് പറയുന്നത് ഒരു വായു എന്നുവെച്ചാൽ അതിന് നിലയില്ലാന്നർത്ഥം അതിങ്ങനെ ചതിക്കും ആശ സ്വയമേവ നമ്മള് ആത്മവിചാരം ചെയ്തിട്ടില്ലെങ്കിൽ ആശയില്ലാതാവില്ല പ്രപഞ്ചത്തിനെ ഉണ്മ എന്ന് അംഗീകരിച്ചതിന്റെ റിയാക്ഷനാണ് നമ്മളുടെ ഉള്ളിൽ ആശയായിട്ട് ഉണ്ടാവുന്നത് പ്രപഞ്ചത്തിനെ ഉണ്മയായി അംഗീകരിച്ചതിന്റെ പ്രതിധ്വനിയാണ് നമ്മളുടെ അകത്തെ ആശയായിട്ട് ആ ആശ മനസ്സായിട്ട് രൂപം കൊണ്ട് നിൽക്കണം തത്വവിചാരം ചെയ്തിട്ടില്ലെങ്കിൽ ആശയില്ല കാലം വന്നു പോയിക്കൊണ്ടിരിക്കും ആദിത്യ ഗതാഗതയിൽ അഹരഹ സംശയത്തെ ജീവിതം വ്യാപാര കാര്യഗുരു കാലോപി ന ജാത ദൃഷ്ടി മരണം പീവാദമതിരാം ഉന്മത്തഭൂതം ജഗത്ത് ഭർത്തശരി പറഞ്ഞു സൂര്യൻ ഉദിച്ചു അസ്തമിക്ഷം ഇന്നലെ രാവിലെ ഉദിച്ചു അസ്തമിച്ചം നാളെ രാവിലെ ഉദിക്കും അസ്തമിച്ചം എന്ത് സംഭവിച്ചു ഒരു ദിവസം പോയി ഓട്ടക്കുടത്തിൽ നിന്നും വെള്ളം പോകുന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കും ഒരു ദിവസം കഴിഞ്ഞു മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജീവിക്കണു എന്ന് പറയുന്നതിനെക്കാളും മരിക്കുന്നു ഓരോ ദിവസം കഴിഞ്ഞ് മരിക്കണു നിങ്ങൾ മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ മരണത്തിന്റെ ഒരു എന്താണ് നമ്മൾ മരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരണം നടന്നുകൊണ്ടേ ഇരിക്കണല്ല മരിച്ചു രിച്ച് കുമാരൻ ഉണ്ടായി കുമാരൻ മരിച്ച് യുവാണ്ടായി യുവാവ് മരിച്ച് വൃദ്ധൻ ഉണ്ടായി വൃദ്ധൻ മരിച്ച് ജഡം ഉണ്ടായി ജടം മരിച്ച് ചാരമുണ്ടാവും മാറിക്കൊണ്ടേ ഇരിക്കാം അപ്പൊ വ്യാപാരയിൽ ബഹുഭാര കാര്യകുരുതി ഇങ്ങനെ ആയുസ് ക്ഷയിച്ചിട്ടും ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വി ഹാവ് നോ ടൈം ഭർത്തൃതി കളിയാക്കാണ് നമ്മളെ പരിഹസിക്കുകയാണ് പാവം വലിയ കാര്യം ചെയ്യുകയാണെന്നാണ് ബഹുഭാരകാഴിയ ഗുരുവിഹി വളരെ സീരിയസ് ആയിട്ട് വലിയ ഡ്യൂട്ടി ചെയ്യുകയാണ് അവർ ചേട്ടെ ചേട്ടെ ചേട്ടെ കാലോപിനായതേ പാവം അവർക്ക് സമയം പോണത് അറിയാൻ വയ്യാന്നാണ് ഓട്ടം ഓട്ടം ഓട്ടം ഓടിക്കൊണ്ടേ ബോംബൈയിലൊക്കെ പോയാൽ എലക്ട്രിക് ട്രെയിൻ കാണാൻ ഓടിക്കൊണ്ടേയിരിക്കും അതിനകത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് പോയാലും ഫുൾ റഷായി സന്ധ്യാവുന്ന അതു കൊള്ള പണുവാസ്തവ ഇലക്ട്രിക് ട്രെയിൻ കൂടെ മൂകെ പിടിച്ചു നോക്കണം ഒരുത്തര കഴുത്ത് കടയാൽ താ പോകണം മൂക്കിലെ കൊശു നോക്കാൻ താ അത്ര കൂട്ടം ആചിപ്പാ ഇരുപ്പം അതിൽ ഏറ്റവും ഇട്ടുവിടുവാറക്കിയും ഇട്ടിടുവാ കൂട്ടത്തിൽ നിന്ന് കൊടുത്താ വരും കാത്താലും രാത്രി വരെ ഓടിക്കുന്നു എങ്ക ഓടാനോ എന്നുള്ളത് അത്യേ ഒരു ലോകം ഇതേമാതിരി താ എല്ലാം ഓട്ടം ഓട്ടം കാര്യ ഗുരുവി കാലോപിനായത്തെ പ്രാരബ്ധം കാലം പോണത് അറിയുന്നില്ലാന്ന് എന്നാ കാലം സൂചനയൊന്നും കൊടുക്കണില്ലേ അല്ലേ നമ്മളുടെ രാഷ്ട്രീയക്കാരൊക്കെ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ എത്ര സൂചനയാ തരണത് കാലം എന്ത് സൂചന ദൃഷ്ട ജന്മ ജര വിഭക്തി മരണം സൂചനക്ക് മേലെ സൂചന യമൻ വെറുതെ യമൻ അങ്ങനെ ഒരു ദിവസം അറസ്റ്റ് വാറൻ്റും വന്നതല്ല എത്ര പ്രാവശ്യം ലെറ്റർ ഇട്ടു മുപ്പത്തിരണ്ട് പ്രാവശ്യം ലെറ്റർ ഇടും ചിലർക്ക് ഓരോ പല്ലായിട്ടിട്ട് എങ്ങിട്ടെങ്ങും ഞാൻ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് കേട്ടോ വിടുന്ന് വിട്ടു വണ്ടി കയറി ചിലരൊക്കെ ഇങ്ങനെയുണ്ട് ഇപ്പൊ ഫോൺ ഉള്ളതുകൊണ്ട് പഴയ കാലത്ത് സന്ധീകരിക്കും യമൻ ഇടക്കിടയ്ക്ക് ഓരോന്നും ഇങ്ങനെ ഫോണടിക്കല് ചെയ്യുന്നുണ്ട് ഒരു പല്ലു പോകും തലനരയ്ക്കും ഇതൊക്കെ കണ്ടിട്ടും പാവം വരണമെന്ന് അറിയില്ല യമധർമ്മൻ അയക്കുന്ന ലോയർ നോട്ടീസ് ആണ് ഓരോന്നായിട്ട് അപ്പോ ദൃഷ്ട വിഭക്തി മരണം ഇതൊക്കെ കണ്ടിട്ടും പ്രാസക്ഷനോത്പത്തിയതും ഭയം തോന്നുന്ന ഇതൊക്കെ മരണത്തിന്റെ ഇൻഡിക്കേഷൻ നമ്മൾ അജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു ഒരാൾ അറിയോ എങ്ങനെ മരിച്ചു ഇത് എങ്ങനെ വേണോ മരണത്തിന് വാസ്തവത്തിന് അറിവില്ലായ്മയല്ലേ ഈ ചോദ്യം ആരെങ്കിലും ഇപ്പൊ എങ്ങനെ ഒരു ചോദ്യം ഇല്ലെങ്കിൽ മരിച്ചില്ലേ ഒരു സർട്ടിഫിക്കറ്റ് വരെ ഹാർട്ട് അറ്റാക്ക് ഈ വ്യാധികളൊക്കെ എടുത്താൽ നിങ്ങളിപ്പ മരണത്തിന് എന്ത് പറയുന്നു മരിക്കില്ലേ എങ്ങനെ മരിച്ചു മരണത്തിന് നമ്മൾ എന്തോ കാരണം വ്യാധികളൊക്കെ പറയുന്നു പക്ഷെ മരണം നടന്നു വാസ്തവം മരണത്തിന്റെ ഇൻഡിക്കേഷനാണ് ഇതൊക്കെ ജരാ വിഭക്തി മരണം ഇതൊക്കെ കണ്ടിട്ടും ത്രാസശനോത്പദ്യതെ പേടി തോന്നുന്നില്ല എന്നാണ് ഗംഭീര ധൈര്യം എന്താ കാരണം ചിലർക്കൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് സമുദ്രത്തിന് നീന്താൻ പോട്ടേ വേണ്ട പിടിച്ചു നിർത്തി ബ്രിഡ്ജിന്റെ അറ്റത്തുള്ള ആ പിടിക്കുന്ന സ്ഥാനത്തിന് മേലെ കൂടെ നടക്കട്ടെ വെച്ചു വേണ്ട വേണ്ട പിടിച്ചു നിർത്തി ആളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ ലോറി വരുമ്പോ പറയണം മുമ്പിൽ ലോറിയുടെ മുമ്പിൽ നിൽക്കണം എനിക്ക് തോന്നുന്നു വേണ്ട വീട്ടിലേക്ക് പോവാം എന്താന്ന് വെച്ചാ കുടിച്ചിട്ടുണ്ടേ അതാണ് ഈ ധൈര്യം വേണ്ടാത്ത സ്ഥലത്തൊക്കെ ധൈര്യം അതേപോലെ ഇവിടെ ഭർത്തൃഹരി പറയാണ് ഇവൻ കുടിച്ചിട്ടുള്ള ധൈര്യമാണെന്നാണ് എന്തു കുടിച്ചു മധുര മധുര എന്ന് വെച്ചാൽ മദ്യം എന്ത് മദ്യമാ കുടിച്ച് അജ്ഞാനമാകുന്ന മദ്യം കുടിച്ചിട്ടാണ് ഈ ധൈര്യം കാണിക്കണം എന്ന് പറയുന്നത് പീത്വാ മോഹമയിൽ പ്രമാദ മധുരം ഉന്മത്തഭൂതം ഉന്മത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഉന്മാദം മോഹമയ്യം പ്രമാദമതിര മോഹമാവുന്ന മദ്യം കുടിച്ചിട്ട് സമയം പോണതറിയണില്ല മരണം വരണത് അറിയണില്ല വ്യാധി കണ്ടിട്ട് ഭയം തോന്നുന്നില്ല സംസാര ദുഃഖം കണ്ടിട്ട് സീരിയസ്നെസ് തോന്നുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിൻവംഗൽ ഒരു ടി ന്യൂസ് പറയുമ്പോ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രാമുഖ്യം കൊടുക്കുമോ നോക്കൂ എന്തെങ്കിലും പൊളിറ്റീഷ്യന്മാർ അവരെന്തെങ്കിലും ഇപ്പോ വന്ന് പുറത്തേക്ക് കൊപ്പിളിച്ചാലോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ പറഞ്ഞിട്ട് അവസാനം അവിടെ അത് നടന്നു ഇവിടെ എന്താ ഇത് സത്യം ആയിട്ട് തോന്നുന്നില്ല അവർക്ക് ലൗകികന്മാർക്ക് ഇതൊക്കെ ഇപ്പൊ എന്തുയിരിക്കുന്നു അത് ഒന്നും ടൈം ഇല്ലെങ്കിലും അല്ല ഭാഗവതമോ ഗീതയോ നമ്മൾ അവിടെ പോയി പണിയില്ലെങ്കിൽ ഇരിക്കാനൊരു സ്ഥലം എന്താ പ്രമാദമതിലാം ഉന്മൂതം ജഗത് എന്നാണ് ഈ മദ്യം അജ്ഞാന കള്ളു പിടിച്ചിട്ട് സീരിയസ്നെസ് കാണില്ല ഇതൊക്കെ മുമ്പിൽ വന്ന് വരി വരി വരി വരിയായിട്ട് നിൽക്കണം ഒരു പരിഹാരമില്ല ഒരൊറ്റ പരിഹാരമില്ല ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും പരിഹാരമില്ല ഇനി പുരോഗമിച്ചാലും പരിഹാരം ഉണ്ടാവാൻ കൂടിയ ഉന്മാദം പിടിച്ചിരിക്കണമോ അതാണ് ഇവിടെ ആചാര്യപാതരും ഒലയ്ക്ക കൊണ്ട് അടിക്കുന്നത് മോഹമുദ്ഗരം ചമ്മട്ടിയൊന്നും പോരാ മണ്ടയമൊക്കെ നല്ല വെൽ പ്രൊട്ടക്റ്റഡാണ് ചിലരുടെ അത് ഒലക്ക കൊണ്ട് തന്നെ അടിക്കണം ചാട്ടവാറൊന്നും പോരാ അതുകൊണ്ട് മോഹമുദ്ഗരം മുദ്ഗരം കൊണ്ടുള്ള പട്ടയാണ് അതാണ് ഇവിടെ പറയുന്നത് ഒരിടത്ത് ചോദിക്കുന്നുണ്ട് വഷളാന്ന് വിളിക്കുന്നു മൂടമധേ എന്ന് ഇവിടെ പറയുന്നതിന് പകരം തന്നെ നിയന്ത്രിക്കാൻ ആളില്ലേന്ന് കാരുണ്യമാണ് ഈ ചീത്ത വിളിക്കുന്നത് എന്താ കാരുണ്യം അമ്മയെ മകനെ ചീത്ത വിളിക്കുന്നത് എന്താ കാരുണ്യം ഓരോ ദിവസവും പോണൂ ദിനയാമിന്യു സായം പ്രാതഹ ശിശിര വസന്തൗ പുനരായാത നേരം വെളിച്ചമായി രാത്രിയായി തണുപ്പ് കാലം വന്നു ചൂടുകാലം വന്നു എത്ര സമയം പോണു നമുക്ക് അല്ലേ മഴ പെയ്താൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു ചൂട് വന്നാൽ ചൂട് ഭയങ്കര ചൂട് എല്ലാ വർഷവും ഉള്ള കമന്റാണത് ശിശിരവസന്തവും പുനരായാതഹം ഇതൊക്കെ വരും പോകും വീണ്ടും വരും ഇതില് കാല കീടതി കാലം കളിക്കുന്നു ഗച്ഛതി ആയുഹു ആയുസ് പോകുന്നു കഥവിന് മുഞ്ചതി ആശ വായു അപ്പോഴും ഈ ആശ വിട്ടുപോകുന്നില്ല സ്വാമി നിങ്ങൾ പറയണതൊക്കെ ശരി എനിക്ക് ഓഫീസിൽ പോയിട്ട് ആ ശമ്പളം വാങ്ങിച്ച അതില്ലാതെ പറ്റില്ല ഭാര്യ ഭാര്യ ഉണ്ടല്ലോ നിങ്ങൾക്കറിയില്ല അവരെന്നെക്കാളും ശമ്പളം വാങ്ങിക്കുകയാണ് അതുകൊണ്ട് എന്റെ വാനിട്ടിക്ക് ഞാൻ അത്ര കണ്ട് വാങ്ങിച്ചാലേ ശരി ധനഗത ചിന്ത ആചാര്യസ്വാമി ചോദി ആരാടോ തന്റെ ഭാര്യ ആരോടാ തനിക്ക് ബന്ധം മരിച്ചു പോവുകയാണെങ്കിൽ തനിക്ക് വ്യാധി വരികയാണെങ്കിൽ മനസ്സിന് വിഷമം വരികയാണെങ്കിൽ ഇവരൊക്കെ കൂടെ ഉണ്ടാവോ വാക്കുലയ്ക്കും തനിക്ക് പറഞ്ഞുതരാൻ ആരും ഇല്ലടോ പറഞ്ഞുതരാം കേൾക്കൂ ഭാര്യയോട് ചോദിക്കരു ഭർത്താവിനോട് ചോദിക്കരുത് മക്കളോട് ചോദിക്കരുത് സംസാര ദുഃഖം വരുമ്പോ ഇവരാണ്ടാവില്ല വീണ ആയിന്മെന്റ് വെച്ച് തരുവായിരിക്കും അത്രേ പറ്റുമോ അകമയ്ക്ക് വിഷമം വരുമ്പോ സംസാര ദുഃഖം വരുമ്പോ ത്രിചകതി സജ്ജന സംഗതി രേഖ ഭരണേ നൗക മൂന്ന് ലോകത്തിലും ഈ സംസാരം എന്ന് പറയുന്ന സമുദ്രത്തിനെ തരണം ചെയ്യാൻ ഒരേ ഒരു നാവം ഒരേ ഒരു തോണിയെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ശ്രീ ജഗതി സജ്ജന സംഗതി രേഖ സജ്ജനങ്ങൾ മഹാത്മാക്കൾ ജ്ഞാനികൾ ഭക്തന്മാർ ഭാഗവത പുത്രന്മാരുടെ സംഘമല്ലാതെ വേറെ ഒരു തോണി ഈ ഭവാർണവത്തിന് സംസാര സമുദ്രത്തിന് തരണം ചെയ്യാനില്ലടോ എന്തിനു ചീത്ത പറയണം അദ്ദേഹത്തിന് നമ്മളെ ചീത്ത പറഞ്ഞിട്ട് എന്ത് വേണം അല്ലെ പോയിട്ട് വരുമെന്നുള്ള ഞാൻ പറയും വാസുലക്കിന്താസ്തി അത്ര വേണ്ടി ചീത്ത വിളിക്കണമെങ്കിൽ കാരുണ്യമല്ലാതെ വേറെ യാതൊരു വഴിയ മഠയൻ ഭ്രാന്തൻ ഭ്രാന്തൻ ഉന്മാദം പിടിച്ചതാണ് എന്താ തന്റെ ഹിതം ചിന്തിക്കാതെ മരിച്ചു പോവാൻ നമ്മൾ കൂടാതെ നിൽക്കില്ലേ ഈ സമയത്ത് രക്ഷിക്കാൻ നോക്കണ്ടേ തന്നെ ഹിതം ചിന്തിക്കണ്ടേ വാതുലക്കിന്താസ്തിയന്ത മൂന്ന് ജഗത്തിലും സജ്ജനങ്ങളുടെ സംഘമല്ലാതെ സാധുസംഗമല്ലാതെ സത്സംഗമല്ലാതെ ബ്രഹ്മവിദ്യാവിചാരമല്ലാതെ നാമജപം മുതലായിട്ടുള്ള തപസ്സുകളല്ലാതെ ഭക്തി അല്ലാതെ ശരണാഗതി അല്ലാതെ വേറൊരു മാർഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കാൻ ഒട്ട് പോകണൂല ഇത് പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ലേ സീതാദേവി ചോദിക്കുന്നുണ്ട് രാവണനോട് ഇവിടെ സജ്ജനങ്ങളൊന്നുമില്ല തന്നെ ഉപദേശിക്കാണ് ഉണ്ടാവും പക്ഷെ തന്നെ പോലെയുള്ളവന് കേൾക്കില്ലല്ലോ ത്രിജഗതി സജ്ജനസങ്കതിരേഖാഭവതി ഭവാർണവതരണേ നൗക്കാം അവർക്ക് ഇവർക്ക് വേണ്ടി ജീവിക്കരുത് അവനവന് വേണ്ടി ജീവിക്കാം അത് സ്വാർത്ഥതയാവില്ലേ ഇല്ല ശരിക്ക് അവനവന് വേണ്ടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിസ്വാർത്ഥം അവനവന്റെ യഥാർത്ഥ സത്യത്തിനെ കണ്ടെത്തിയാൽ അവന് അതിനു മേലെ ലോകത്തിനൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനി ഒരു സോഷ്യൽ സർവീസും ചെയ്യേണ്ട ആവശ്യമില്ല അവന്റെ ഇരുപ്പ് തന്നെ ലോകമംഗളമാണ് ഇത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പുരോഗമിക്കേണ്ടിയിരിക്കും ആ യാതൊരു കർമ്മം കൊണ്ടും ലോകത്തിന് ഹിതം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ലോകം ഇന്ന് എത്രയോ നന്നായിട്ടുണ്ടാവണം എത്ര പേരാ നന്നാക്കാൻ നടക്കുന്ന അങ്ങനെയൊക്കെ ലോകം നന്നാവുകയാണെങ്കിൽ ഇന്ന് എവിടെ എത്തേണ്ടതായിരുന്നു പുറമേക്ക് നന്നാക്കാനേ സാധ്യമല്ല അവമേക്ക് അവനവനെ കണ്ടെത്തിയാൽ തന്റെ സ്വരൂപം കണ്ടെത്തിയാൽ ലോകം നന്നാവും തനിയെ നന്നാവും ലോകമേ ഇല്ല സകലതും ബ്രഹ്മമയം അപ്പോ ഈ പുറമേക്കുള്ള എന്നാ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് സന്യാസമെടുത്ത് പേരൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ പോവാണ് അതൊന്നും കാര്യമില്ലേ സത്യം ഉള്ളിൽ കണ്ടെത്തണം സന്യാസമുള്ളിൽ അവതരിക്കണം ജ്ഞാനം സന്യാസ ലക്ഷണം ജ്ഞാനമാണ് സന്യാസത്തിന്റെ ലക്ഷണം ജ്ഞാനമില്ലാതെ വേഷം കിട്ടി എന്ത് പ്രയോജനം ജഡിലി മുണ്ടിജിതകേശ കാഷാബര ബഹുവേഷ പശ്യന്നപ്പിച്ച പശ്യത്തി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷ പശ്യെന്നത് അനുഭവമണ്ഡലത്തിൽ ആത്മാവ് ഉണ്ടായിട്ട് പോലും അതിനെ കൂട്ടാക്കാതെ ശാരീരികമായി അങ്ങടെങ്കിലും വേഷം മാറ്റിയിട്ട് എന്ത് കാര്യം സത്യത്തിനെ തന്നിൽ കാണണം കാണാത്തവൻ മാതുലനാണ് കാണാത്തവൻ മൂഢമതിയാണ് ആ സത്യത്തിനെ കണ്ടെത്തും ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ ക്ഷതിരണി ഭജഗോവിന്ദം എന്ന ഈ വൈരാഗ്യ പ്രകരണ ഗ്രന്ഥം നാളെ നമ്മളിവിടെ പ്രഭാഷണത്തിൽ സമാപിക്കും ഏകദേശം എല്ലാ ശ്ലോകങ്ങളും നമ്മൾ സ്പർശിക്കണം അവിടെ എവിടെയായിട്ട് നാളെ വൈകിട്ട് ആറേ മുക്കാലിന് തുടങ്ങും പ്രഭാഷണം ഏഴ് മണിക്കല്ല നാളെ ആറേ മുക്കാലിന് പ്രഭാഷണം തുടങ്ങും എട്ടര മണിക്ക് അവസാനിപ്പിക്കും എത്ര എട്ടേ മുക്കാലാവുമ്പോഴേക്കും അവസാനിപ്പിക്കും അത് കഴിഞ്ഞ് എറ്റപ്രസാദൊക്കെ കൊടുത്ത് കഴിയുമ്പഴേക്കും കുറച്ച് സമയമാവും എന്നുള്ളതുകൊണ്ട് ആറേ മുക്കാലിന് തന്നെ എല്ലാവരും വരിക നാളെ തൊടുകൂടെ ഈ സത്സംഗം ഇവിടെ പൂർത്തിയാവുന്നു രാവിലെ നാളെ രാവിലെ ഏഴുമണി മുതൽ എട്ടര മണിവരെ അഭേദാനന്ദാശ്രമത്തില് ഒരു പ്രഭാഷണം ഉണ്ടാവും രാവിലെ ഏഴ് മണി മുതൽ എട്ടര മണിവരെ അഭേദാശ്രമത്തില് പ്രഭാഷണം ഉണ്ടാവും നാളെ കാണും സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷപ്രാങ്കണരിണലോലയാസം പരമായാസം മായാക്കാ ഭുവനം സ്വാമാനമോവിം പരമാനന്ദം ഗോവിന്ദം ഭജ ഗോവിം ോവിം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം കാണമാതിമി കാഭാസം കാളിന്ദീഗതാളിയ ശിരസി സുനൃത്യന്തം മുഹുർത്യം കാളം കാളകലാതീതം ോഘം കാേതു പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദ ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ സേ പി സുഖിന് സന് സന് നിരാമയാേ ഭദ്രാണു പശ്യൂ മാ കുഃഖഭ കയച്ച മനസേന്ദ്രിർവാധ്യാത്മന പ്രകൃതേേഷുഭാ കോ യത് സകളം പരസ്മൈ നാരായ സമർപ്പി സർവത്ര ഗോവിന്ദനാമസീർത്താർവതീപത ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ തിരുവനന്തപുരത്ത് ഒന്നാം പുത്തരവ് നടുവെച്ച് ശ്രീമദ് വാൽമീകി രാമായണം പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ആറര മണി മുതൽ എട്ടര മണി വരെ രാമായണ പ്രഭാഷണം വാൽമീകി രാമായണം